അവരുടെ ഹൃദയങ്ങളിൽ എന്തെങ്കിലും രോഗമുണ്ടോ അതോ അവർ സംശയിക്കുകയാണോ അതോ അള്ളാഹു സുബഹാനഹുവറ്റാലായോ അവന്റെ റസൂലോ തങ്ങളോട് അനീതി കാണിക്കുമെന്നവർ ഭയപ്പെടുന്നുണ്ടോ അല്ല അവർ തന്നെയാണ് അക്രമികൾ